ത്തിനു വേണ്ടി വീണ്ടും ഞാൻ ഒക്കെ കേടുത്ത് ഇവിടെ വന്നതാണ് നീ എന്തിനെ ചവിട്ടണതെന്ന് വെച്ചു അയ്യോ ഞാൻ അറിഞ്ഞു ചവിട്ടിയതല്ല അറിയാതെ ചവിട്ടിയതാണ് കുറെ ലഹള കൂടി സുന്ദര വൃദ്ധന്റെ അടുത്ത് വൻ തൊണ്ടൻ എന്നാണ് പറയും ചന്ത കൂടുന്ന ആളാണ് ഭഗവാന്റെ ഭഗവാന്റെ അടുത്ത് കുറെ ലഹള കൂടി അവസാനം ഭഗവാൻ പറഞ്ഞു നീ ഇങ്ങനെ എന്റെ അടുത്ത് ലഹള കൂടാൻ പാടില്ല ചില ആളുകളൊക്കെ കാല് കൊണ്ട് ചവിട്ടണം ചവിട്ടണം ചോദിക്കും ചവിട്ടിക്കഴിഞ്ഞാല് അവര് കംപ്ലൈന്റ് എന്ന് പറഞ്ഞു എന്നെ ഒന്ന് നോക്കൂ എന്നെ എനിക്ക് നോക്കുകയേ വേണ്ട എന്നാലും എന്നെ ഒന്ന് നോക്കൂ എന്നെ എനിക്ക് കാണുക വേണ്ടെന്നോ അവസാനം തിരിഞ്ഞു നോക്കുമ്പോ ഭഗവാൻ ഇടതുപദം ൂക്കി നിന്ന് ദർശനം കൊടുത്തിട്ടും മറഞ്ഞുപോയി അവിടുന്ന് വീണ്ടും ഭാവാവിഷ്ഠനായി പറയണു ഞാൻ എത്രയോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്റെ തെറ്റൊക്കെ പൊറുക്കണം തേഷാമഹം സമുദ്ധർത്ത എന്നെ സമുദ്ധരിക്കുന്നത് അവിടുത്തെ ചുമതലയാണ് ഒരു തേവാരത്തിലെ ഒരു ഉദാഹരണത്തോടുകൂടെ ഭഗവാന്റെ അടുത്ത് വാദിക്കുകയാണ് എന്റെ അടുത്ത് ധാരാളം കുറ്റമുണ്ടാവും ദോഷങ്ങളുണ്ടാവും ആ ദോഷങ്ങളൊന്നും അങ്ങ് കണക്കാക്കരുത് അടുക്കളയിൽ പണിയെടുക്കുമ്പോ ഒരു പാചകക്കാരൻ മുഖ്യ പാചകക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു വലിയ പാത്രത്തിൽ വെള്ളമുണ്ട് വെള്ളത്തിൽ എന്തോ വീണിരിക്കണം എന്താണെന്ന് മനസ്സിലായില്ലേ അവർക്ക് എന്തോ സാധനം വീണിരിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പാചകക്കാരൻ പറഞ്ഞു ആ വെള്ളം മുഴുവൻ തൂത്തു കളയൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ വലിയൊരു പാത്രത്തിൽ പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തും എന്തോ വീണേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ആ വീണത് എടുത്തു കളഞ്ഞിട്ട് ഒരു ദർഭ ഇട്ടിട്ട് അതിനെടുത്തോളാൻ പറഞ്ഞു അത്ര രണ്ടിന് രണ്ട് നിയമം സുന്ദരർ പറയാണ് ഭഗവാന്റെ അടുത്ത് കോർട്ടില് വക്കീൽ വാദിക്കുന്ന പോലെ വാദിക്കുകയാണ് പറയാണ് പരമലൗകികനായി ഭഗവാനെ തന്റെ ജീവിത ലക്ഷ്യമല്ലാത്ത ആളിൽ ദോഷം കണ്ടാൽ അവനെ തള്ളിക്കളഞ്ഞാൽ ന്യായീകരിക്കാം എനിക്ക് നന്നെ അല്ലാതെ വേറെ ഒന്നും അറിയില്ല എനിക്ക് നീയല്ലാതെ വേറെ ആരും ഗതിയില്ല എന്നെ കൊണ്ട് എന്നെ ഉദ്ധരിക്കാൻ വയ്യ അങ്ങനെ ഇരിക്കുമ്പോ എന്നൊരു ദോഷം കണ്ടാൽ ആ ദോഷത്തിനെ എടുത്തു കളഞ്ഞിട്ട് എന്നെ സ്വീകരിക്കണമെന്നല്ലാതെ എന്നെ തള്ളിക്കളയാൻ പാടില്ല അടുത്തുവന്ത് എന്നെ തള്ളലാകാതെ ഹരഹരന്ത് സ്വന്നാലും പോതാതോ എന്ത് നിനക്ക് യോഗ്യതയുണ്ട് എനിക്ക് യോഗ്യതയൊന്നുമില്ല എന്നാണ് അതാണ് അതിന്റെ വലിയ യോഗ്യത എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ല എന്നുള്ളതാണ് യോഗ്യത അതെ അതാണ് അധ്യാത്മത്തിനുള്ള യോഗ്യത എനിക്ക് യാതൊരു യോഗ്യതയുമല്ല എന്നെ ഒന്നും സാധിക്കില്ല പക്ഷെ ഒരേ ഒരു യോഗ്യത എന്താ വരിച്ചിരിക്കുന്നു എന്നെ കഴിയില്ല എന്ന് എനിക്കറിയാം നീയെ ഗതിയുള്ളൂ എന്ന് എനിക്കറിയാം നീ രക്ഷിച്ചുണ്ട് നടിത്തു മണ്ണിടൈ പൊയ്യിന ും മായം കടിത്ത വായിലേ നു മുൻ വിനൈമിക്ക കളറിയേ തരിവേനെ പിടിത്തു മുൻ നു അപ്പെരുമറെ തേടിയ അറുംപൊരുൾ അടിയേനെ അടിത്ത് അടിത്ത് അക്കാരം മുൻ തീറ്റിയ അത്ഭുതം അറിയേനെ ഞാൻ ഈ ലോകത്തിലെ നൊണയും പറഞ്ഞ് കള്ളം പറഞ്ഞ് അഭിമാനിച്ച് നടിത്ത് മണ്ണിടൈ പൊയ്യനൈ പലശെയ്ത്ത് പൊയ്യെന്ന് വെച്ചാൽ എന്താ ശരീരവും മനസ്സിനോ ഒക്കെ ഞാനാണെന്ന് കരുതി ഭ്രമിച്ചുകൊണ്ട് ചെയ്യണതൊക്കെ പൊയ്യാണല്ലോ നടിത്ത് മണ്ണിടൈ നടിക്കുക എന്ന് വെച്ചാൽ ഞാൻ എന്തല്ലയോ അതല്ലാതെയായിട്ട് ഇരിക്കുന്നതൊക്കെ ഒരു നടനമാണ് നടിത്ത് മണ്ണിടൈ പൊയ്യിനൈ പലശെയ്ത്ത് നാൻ മായം ഞാൻ എന്റെ കഠിത്തവായിലേനി മുൻവിനൈമിക്ക കഴറിയേ തിരിവേനൈ ഈ അഭിമാനം കൊണ്ട് പല കർമ്മങ്ങളിലും പെട്ട് വലഞ്ഞു പുറത്തു വരാൻ അറിയാതെ പത്മവ്യൂഹത്തിൽ പെട്ട പോലെ കിടന്ന് വലയുക ഇങ്ങനെ ആവാൻ കാരണം എന്താ മുൻവിനൈമിക്ക പൂർവകർമ്മം അതിന്റെ ഒരു ഫോഴ്സ് എങ്ങനെ തള്ളിവിട്ടു പലതിലേക്കും അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്തു വരാൻ ഒരു വഴിയും അറിയണില്ല ആരോ ഗീത പറയണു ആരോ ഉപനിഷത്ത് പറയണോ ആരോ ഭാഗവതം പറയണു ആരോ വേദാന്തം പറയണു ഒക്കെ പോണം പോണോ ഒക്കെ എവിടെയോ എന്തൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലായി എങ്ങനെ പോവും ഒരു വഴിയും കാണുന്നില്ല ധ്യാനം എന്ന് പറഞ്ഞാൽ ഉറക്കം വരണു ജപം എന്ന് പറഞ്ഞാൽ മറന്നു പോകണു പുസ്തകം വായിച്ചാൽ മനസ്സിലാവണില്ല സത്സംഗത്തിലിരുന്നാൽ കേൾക്കാൻ വയ്യ സാധനാഹീന ഭക്തിഹീന ഒന്നും ചെയ്യാൻ വയ്യ ആ സ്ഥിതിയിൽ എന്ത് ചെയ്യും പിടിത്ത് അങ്ങനെ ഒന്നും വയ്യ ഒന്നും വയ്യാന്നുള്ള ഒരു സ്ഥിതി ഏറ്റവും എളുപ്പമാണ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും സാധിച്ചില്ല ഭഗവാനെ സാധിക്കണില്ലല്ലോ സാധിക്കണല്ലോ പറഞ്ഞ ആ ഒരു വിഷമസ്ഥിതിയിലിരിക്കുമ്പോ അറുമറൈ തേടിയ പരം പൊരുൾ അറുമറയെന്ന് വെച്ചാൽ വേദം വേദം മുഴുവൻ ഏതൊരു പരമസത്യത്തിനെ അന്വേഷിക്കുന്നുവോ ആ വേദപുരുഷൻ എന്റെ മുമ്പിൽ വന്നു നിന്നു മുമ്പിൽ വന്ന് നിൽക്കുന്നത് എങ്ങനെയാ നമ്മളൊരു വഴി കൂടെ പോകുമ്പോ മുമ്പിൽ വന്ന് നിന്നാൽ ആ വഴി തടയപ്പെട്ടു അല്ലേ ലോകത്തിലാണ് പോണതേ ലോകത്തിൽ എന്തൊക്കെയോ നേടിയെടുക്കാനായിട്ടും പലതുമായിട്ടും ഒക്കെ ഉദ്യമിച്ച് പുറപ്പെട്ടു ഇപ്പോൾ കഥ നോക്ക കല്യാണത്തിന് സുഖമായിട്ട് പുറപ്പെട്ട ആളാണ് നടുവിൽ വന്നു നിന്നു ഇയാള് വിഘ്നമായിട്ട് വന്നു നിന്നു മുൻവിനൈമിക്ക കഴറിയേ തിരിവേനൈ പിടിച്ചു മുന്നിന്റ് അന്ന് പിടിച്ചു എന്നിട്ട് അക്കാരം അക്കാരം എന്ന് വെച്ചാൽ മധുരം കൽക്കണ്ട് ഭക്തിയാണത് പക്ഷെ ഭക്തി രസിക്കില്ല ഭക്തി എന്താന്ന് വെച്ചാൽ ഒരു ഇടയിൽ കൂടെ ഒരു കഥ പറയാം ഈ ശ്ലോകം വിട്ടുപോവരുത് ഓർമ്മ വെച്ചോളൂ ഒരു ഉറുമ്പ് അതിന്റെ ഫ്രണ്ടായിട്ട് മറ്റൊരു ഉറുമ്പിനെ കാണാൻ പോയി ഈ ഉറുമ്പ് എവിടെയാ താമസിക്കണത് എന്ന് വെച്ചാൽ സോൾട്ട് നഗറിലാണ് താമസം എന്ന് വെച്ചാൽ ഉപ്പുകൂന ആ ഉറുമ്പ് ഷുഗർ നഗറിലുള്ള ഒരു ഉറുമ്പിനെ കാണാൻ പോയി അവിടെ പഞ്ചസാര കൂനയിലാണ് ആ ഉറുമ്പ് താമസിക്കുന്നത് അപ്പൊ ഈ ഉപ്പുകൂനയിലുള്ള ഉറുമ്പ് പഞ്ചസാര കൂമ്പാരത്തിലുള്ള ഉറുമ്പിനെ കാണാൻ പോയപ്പോ പോയിട്ട് പറഞ്ഞു പല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര കൂമ്പാരത്തിലുള്ള ഉറുമ്പ് ചോദിച്ചു അല്ല ഊ പഞ്ചസാര കൂമ്പാരത്തുള്ള ഉറുമ്പാണ് ഉപ്പ് കൂമ്പാരത്തിലേക്ക് വന്നത് എന്നിട്ട് ഈ ഉപ്പ് കുനയിലിരിക്കുന്ന ഉറുമ്പിനോട് ചോദിച്ചു നീ എന്താ തിന്നണത് ഞാൻ ഈ ഉപ്പാണ് തിന്നണ അല്പം ഉപ്പെടുത്ത് അത് വായിലിട്ടു അയ്യേ ഇതാണോ നീ തിന്നണത് അല്പം മധുരം തിന്നു നോക്കൂ എന്ത് സ്വാദാ പഞ്ചസാര അപ്പൊ ആ ഉപ്പ് തിന്നോട് ഉറുമ്പ് പറഞ്ഞു അതൊന്നും ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന ഇതാണ് ഇതിന്റെ രുചിയൊക്കെ അതിന് വരുമോ എന്ന് പറഞ്ഞു നീ ഒന്ന് വന്ന് തിന്നു നോക്കൂ അതിന്റെ മാധുര്യം അറിയേണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ ഈ ഉപ്പ് തിന്നീട് ഉറുമ്പിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് പഞ്ചസാര തന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പഞ്ചസാര എടുത്ത് പിരിക്കൊടുത്തു ഈ ഉപ്പ് ഉറുമ്പ് അത് വായിലിട്ടു എങ്ങനെയുണ്ടാവും അതേപോലെ ഉണ്ടായിരുന്നു എങ്ങനെ ഉപ്പ് തിന്നണ പോലെ തന്നെ ഉണ്ടോന്നു ഈ പഞ്ചസാര ഉറുമ്പൊന്നും മനസ്സിലായില്ല ഇതെന്താ ദിവന ഇത് തിന്നിട്ടിപ്പോ മാധുര്യമില്ലാതെ ഉപ്പ് പോലെ തന്നെ ഉണ്ടാകുന്ന ഒന്നും കൂടെ ഇട്ടു നോക്കി അപ്പോഴേ പോലെ ഉണ്ടോന്നു അപ്പൊ എന്താ കാര്യം ഇവിടെ എന്തോ ഇങ്ങനെ നിൽക്കണ്ട് ഉറുമ്പിന്റെ അതെന്താ വായിൽ വെച്ചോ വരുന്ന ഒരു കഷ്ണ ഉപ്പ് വായില് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് വരുന്ന ഒരു കഷ്ണ ഉപ്പ് വായില് വെച്ചിട്ടാണ് വന്നിരിക്കണത് അപ്പൊ പഞ്ചസാര മധുരവുമില്ല അപ്പോ ഈ പഞ്ചസാര ഊർമ്മ് പറഞ്ഞു നിനക്ക് പഞ്ചസാര രുചിക്കണമെങ്കിൽ നിന്റെ വായിലുള്ള ഉപ്പാദ്യം തുപ്പണം എനിക്ക് ഈ ഉപ്പ് തുപ്പിയിട്ടില്ലെങ്കിൽ പഞ്ചസാര മധുരിക്കില്ല നമുക്കിപ്പോ നാമം രുചിക്കണില്ല മധുരമില്ല നാമസങ്കീർത്തനത്തിലോ ഒന്നും രുചിക്കില്ല എന്താണെന്ന് വെച്ചാൽ ഉപ്പ് തുപ്പിയിട്ടില്ല ഈ ഉപ്പ് എവിടെയോ ഒരിടത്ത് ഇടുക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് രുചിക്കാത്തത് അപ്പൊ ഈ വിഷയസുഖത്തിലുള്ള വാഞ്ചയും വാസനയും രുചിയും അവിടെ അവിടെ അടക്കി വെച്ചിട്ട് വന്നിട്ട് ഭക്തിയിലൊന്നും രുചിയില്ല നാം ജപിക്കണതിൽ എന്താ ഉള്ളത് നോക്ക് പറഞ്ഞ അത് എന്ത് പറയാ അപ്പൊ ഈ രുചി വരണില്ല അപ്പൊ രുചി വരണില്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ രുചി വരണില്ല വിട്ടില്ല അത്രേ ഇവൻ അക്കാരം മധുരം രുചിച്ചില്ലാന്ന് പറഞ്ഞാൽ അക്കാരം തീറ്റിയ അക്കാരം തീറ്റയാണത്രേ തീറ്റണതിനു മുമ്പ് അടിത്ത് അടിത്ത് കുറെ അടി കൊണ്ടുവന്നാണ് അടി എന്താ ഈ വേദന ലോകത്തിലുള്ള വിഷമം ദുഃഖം ദുഃഖം അനുഭവിച്ച് അനുഭവിച്ച് വിഷമിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അക്കാരം മുൻ തീറ്റിയ പിടിച്ചു നിർത്തിയിട്ട് ഭഗവത് അനുഭവത്തിനെ ഉള്ളിലേക്ക് ഊട്ടിക്കൊടുത്തു അദ്ഭുതം അറിയേനെ ആ മിസ്ട്രി ആശ്ചര്യത്തിന് ഞാൻ എങ്ങനെ പറയും ഭക്തന്മാര് ഇത് തിരുവാചകത്തിലെ പാട്ടാണ് നേടിയവരൊക്കെ ഒരേപോലെ ആ പാടിയിരിക്കാം ഞാനൊന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒക്കെ ഫലമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് അവിടുന്ന് വന്ന് പിടിച്ചു യാനേയോ തവം ശെയ്തേൻ ശിവായനമവനപ്പറ്റേൻ തേനായി അമുതമായി തിക്കും ശിവപേരുമാൻ താനേ വന്തിയൻ ഉള്ളം പുകുന്ത് അടിയേർക്ക് അരുൾ ഷെയ്ത്താൻ താനായിട്ട് വന്ന് പിടിച്ചു എന്നാണ് വൈരാഗ്യമൊന്നും എനിക്കൊന്നും വൈരാഗ്യമില്ല വൈരാഗ്യം ഉണ്ടായി അതിനുശേഷം ഊനാറും ഉയർവാഴ്ക്കി ഒരുത്തൻറെ വെറുത്തിണവേ എനിക്ക് അതിനുശേഷമാണ് വൈരാഗ്യം ഭഗവാൻ ഇങ്ങോട്ട് വന്ന് പിടിച്ചു പിടിച്ചു ഭഗവത് അനുഭവം സ്വയമേവ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി എന്നാണ് അതിനൊരു പ്രതിഭാസം ദേശാമഹം സമുദ്ധർത്താ മൃത്യു സംസാര സാഗരാത് ഭവാമി നിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം എവിടെയെങ്കിലുമൊക്കെ ഭഗവാന് ചിത്തമാവേശിച്ച് ഭഗവത് സംബന്ധമുണ്ടായാൽ ഭഗവാൻ പറഞ്ഞ അവരുടെ കാര്യത്തിൽ ഞാൻ ചുമതലപ്പെട്ടിരിക്കുന്നു അവരെ ഞാൻ പിടിച്ചുയർത്തിക്കൊണ്ടുവരും സമുദ്ധർത്താ ഭവാമി അവരെന്നെ വേണ്ടെന്ന് പറഞ്ഞു ഓടിപ്പോയാലും ഞാൻ വിടില്ല അവരെന്നെ മറന്നാലും ഞാൻ അവരെ മറക്കില്ല അവരെ എങ്ങോട്ട് പോയാലും ഞാൻ പുറകെ ചെന്നവരെ പിടിച്ചുകൊണ്ടുവരും ദേശാമഹം സമുദ്ധർത്ത മൃത്യു സംസാർ സാഗരാത് ഭവാമിനിരാത്ത് പാർത്ഥമയ്യാവേശിത് ചേത്തസാം സുന്ദരരുടെ കഥ ഇപ്പൊ പറഞ്ഞത് അതിന് ഉത്തമ ദൃഷ്ടാന്തമായിട്ടാണ് പെരിയപുരാണത്തിൽ ആ കഥ വരാ ഭഗവാന്റെ സഖ സഖാവായിട്ട് ഭഗവാനെ കരുതിയ നാലു പേരെ ഭഗവാൻ നാലു വിധത്തിലെ ആൾക്കൊണ്ടുവന്നാണ് കാലൈക്കാട്ടി പാലൈക്കാട്ടി ആളെ കാട്ടി ശൂലൈക്കാട്ടി അപ്പരസ്വാമികൾക്ക് ശൂലെന്ന് വെച്ചാൽ വയറുവേദന വയറുവേദന കൊടുത്തിട്ട് പിടിച്ചു ജ്ഞാനസംബന്ധർക്ക് പാലൈക്കാട്ടി പാല് കൊടുത്തിട്ട് പിടിച്ചു സുന്ദരർക്ക് കാളൈക്കാട്ടി കാല് കൊടുത്തിട്ട് പിടിച്ചു മാണിക്യവാചകർക്ക് ആളൈ കാട്ടി തന്നെ കാണിച്ചു കൊടുത്തു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുപിടിച്ചു കാലൈ ആളൈ പാലൈ ചൂലൈ ആൾക്കൊള്ളലാണ് ഭഗവാന്റെ പലപ്പോഴും ആൾക്കൊള്ളണത്തെ സത്സംഗത്തിലൂടെയൊക്കെ ഏതെങ്കിലും വിധത്തിലെ ആൾക്കൊള്ളൽ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി Nachirat. പാർത്ഥ മയ്യാവേശിത ചേതസാം പതുക്കെ പതുക്കല്ല ആ കൃപയെ ആവേശിച്ചു കഴിഞ്ഞാൽ ചിപ്രംഭവതി ധർമാത്മ വളരെ പെട്ടെന്ന് ഇവനെ വലിച്ചുകൊണ്ടുവരുമെന്നാണ് വളരെ വേഗത്തിലെ റോക്കറ്റാണ് നചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം അതുകൊണ്ട് യം തസ് അതു കൊണ്ട് അടുത്ത ശ്ലോകം മയ്യേമന ആധത്സ്സ്വ മയ ബുദ്ധിം നിവേശയ നിവസിഷ്യ മയേ അത ഊർധം ന സംശയ മയി വിശ്വ ഈശ്വര സങ്കൽപ്പവികല്മകം മനഃ സമാധത്സ്വ മനത്സ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യ മയി മയി അധ്യവസായം കൂറ ബുദ്ധിം ചധത്സ്വ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ വയ്ക്കാം ബുദ്ധി കൊണ്ട് ആദ്യം തീരുമാനിച്ചാൽ മനസ്സ് തീരുമാനിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കും വ്യവസായാത്മിക ബുദ്ധി എന്നാണ് നമ്മൾ എന്തോ ഒരു തീരുമാനം ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സ് അതിനെക്കുറിച്ച് സങ്കല്പിച്ചു തുടങ്ങും നമുക്ക് കാണാം അതിനാണ് അധ്യവസായം എന്ന് പറയാം ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു ആദ്യമൊക്കെ പറയും ഞാൻ പോവില്ല ഈ തിരുവനന്തപുരം വിട്ട് എവിടെയും പോവില്ല എന്നൊക്കെ പറയും കല്യാണം കഴിച്ചു കൊടുത്തത് ഡൽഹിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ എവിടെയെങ്കിലോ കല്യാണം കഴിച്ചു കൊടുത്തു കല്യാണം കഴിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി നിവൃത്തിയില്ല ഇനി പോയി കഴിഞ്ഞാൽ അത് തന്നെ വീട് തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവിടെ പോയി കൂടി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നാലോ രണ്ടു ദിവസം കഴിയുമ്പോൾ കഴിക്കുമോ അവിടെ ഊരിപ്പെട്ട പണി കിടക്കണം പോകണം എന്നാണ് ഇരുപത്തൊന്ന് വർഷത്തെ അറ്റാച്ച്മെന്റ് ഇരുപത്തിരണ്ട് വർഷത്തെ അറ്റാച്ച്മെന്റ് നാല് ദിവസം കഴിയുമ്പോഴേക്കും പോയി എന്താ ഈ ബുദ്ധി തീരുമാനിച്ചു ഇനി അവിടെയാണ് ബന്ധം തീരുമാനിച്ച അങ്ങോട്ടോട്ടി അപ്പോ അതുപോലെ നമ്മൾക്ക് നിത്യമായ ബന്ധം ഭഗവാന്റെ അടുത്തേ ഉള്ളൂ എന്ന് അധ്യാവസായം ചെയ്താൽ വേറെ ഒന്നിലും ഓട്ടിപ്പിടിക്കില്ലേ ആ ലോകത്തിൽ പിന്നെ വ്യവഹാരത്തിന് വേണ്ടിയൊക്കെ ചെയ്തു എങ്കിലും നമുക്കറിയാം ഇതൊന്നും കാര്യമില്ല രാമകൃഷ്ണ ദേവൻ ഒരു ഉദാഹരണം പറയും ഒരു വീട്ടിൽ പണിക്കാരി കുട്ടിയെ നോക്കാനായിട്ടൊക്കെ വെച്ചു പത്തിരുപത് വർഷമായിട്ട് ആ വീട്ടിൽ ജോലി ആ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്റെ സാധനങ്ങളാണെന്ന് കരുതിക്കൊണ്ടൊക്കെ പ്രവർത്തിക്കും ആ വീട്ടിലെ യജമാനത്തെയും യജമാനെയും ഒക്കെ പോലും ചീത്ത പറയും ഒന്നും വൃത്തിയായിട്ട് വയ്ക്കണില്ലെന്നും ഇതൊക്കെ കണക്കൊക്കെ നോക്കും ആ വീട്ടിലെ കുട്ടിയെ തന്റെ കുട്ടിയെ പോലെ നോക്കും ചിലപ്പോൾ കുട്ടിയെ തല്ലേ പോലും ചെയ്യും അത്രയും സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ആ ജോലിക്കാരിക്കറിയാം ഇവിടെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഇതൊന്നും എന്റെയല്ല തന്റെ വീട് എവിടെയോ കിടക്കണോ ഒരു ദൂരത്ത് കിടക്കണുണ്ട് ഇവര് പോകൂ ഒരു ദിവസം പറഞ്ഞാൽ പുറപ്പെട്ട് പോണം എന്നറിയാം ആ ഒരു തീരുമാനം എവിടെയോണ്ട് അതുകൊണ്ട് ഇതൊക്കെ വ്യവഹരിക്കുമ്പോഴും തന്റെ അവിടെയാണ് എന്ന് അറിയണ പോലെ ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിച്ച ആൾ തീരുമാനിച്ചു തനിക്ക് ഭഗവാൻ മാത്രമാണ് നിത്യം ഇവിടെ ഒന്നും നിത്യമല്ല ഇവിടെ വിട്ടുപോകും എല്ലാ സംബന്ധവും വിട്ടുപോകും എന്ന് ഇടയ്ക്കിടയ്ക്ക് വിചാരിച്ചു ഉറപ്പിച്ചാൽ മൈ ബുദ്ധിം നിവേശ നിവശ്യ ബുദ്ധിയെ ഭഗവാനിൽ രൂഢം ചെയ്യണത് അങ്ങനെയാണ് നിത്യനിത്യ വസ്തു വിവേകം കൊണ്ട് ഒക്കെ അനിത്യമാണോ ലോകത്തിലുള്ളതൊക്കെ വിട്ടുപോകുമെന്ന് വിവേകം കൊണ്ട് മനസ്സിലാക്കി മയ്യേവ മന ആധത്സ്വ മനസ് ഭഗവാന്റെ നാമത്തിലും രൂപത്തിലും ഭഗവത് ധ്യാനത്തിലും സത്സംഗത്തിലും മഹാപുരുഷന്മാരുടെയും ഭഗവാന്റെ യോഗ ചരിത്ര ശ്രവണത്തിലും കഥാശ്രവണത്തിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയില് വ്യാപാര ഭൂമിയിലും മനസ്സോമും മനസ്സിന്റെ വ്യാപാര ഭൂമി എന്താണ് ഈ ദിവ്യമായ ചരിത്രങ്ങളും ഭഗവത് കഥകളും ഭഗവത് നാമജപവും അലൗകികമായ സംഗീതവും കീർത്തനങ്ങളും മറ്റും ഒക്കെ ആയിട്ട് അങ്ങനെ മനസ്സ് അതിൽ തന്നെ മനസ്സിന് വിഹരിക്കാനുള്ള സ്ഥലമാണല്ലോ ഭഗവാന്റെ രൂപത്തിലും നാമത്തിലും സങ്കീർത്തനത്തിലുമൊക്കെ ഇങ്ങനെ മനസ്സ് വിഹരിക്കുക ബുദ്ധി കൊണ്ട് തീരുമാനിച്ചു ലോകത്തിൽ ഇനി ഒന്നും എനിക്ക് കൊടുക്കാനും വാങ്ങാനും ഇല്ല എന്നും തീരുമാനിച്ചാൽ ഭഗവാൻ പറഞ്ഞ അതൌർധം എന്നുവെച്ചാൽ അതിനുശേഷം നിവശിഷ്യസി മയ്യേവൻ നീ ശരീരം കൊണ്ട് എവിടെയുണ്ടെങ്കിലും നീ എന്നിൽ തന്നെ ഇരിക്കും നീ എവിടെയാണെങ്കിലും നീ അകമയ്ക്ക് നിനക്കും എനിക്കുള്ള സംബന്ധം നിത്യസംബന്ധമാണ് ശരീരത്തിനും ലോകത്തിനുള്ള സംബന്ധമുണ്ട് ശരീരം ലോകത്തിൽ എന്ത് പണി വേണമെങ്കിൽ ചെയ്യട്ടെ എന്ത് പ്രവൃത്തി വേണമെങ്കിൽ ചെയ്യട്ടെ പക്ഷെ ആന്തരികമായിട്ട് നീ എന്റെ കൂടെ ഒരിക്കലും എന്നെ വിട്ട് പിരിയില്ല എന്ന് വെച്ചാലോ സദാ ഭഗവത് സ്വരൂപ നിഷ്ഠനായിട്ട് ഭഗവൻ നിഷ്ഠനായിട്ടിരിക്കുമെന്ന അർത്ഥം നിവശിഷ്യസി മയ്യേവ അത ഊർധ്വം സംശയാ അതില് യാതൊരു സംശയവും വേണ്ട ഈ മനസ്സും ബുദ്ധിയും ഒക്കെ ലോകത്തിന് കൊടുത്തിട്ട് ജോലിക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും അപ്പൊ നോക്കുക ശരീരം പുഷ്പോക്കെടും ഇതൊക്കെ ചെയ്യും എന്നാലും ഉള്ളിലെന്താ നേര ചൊക്ക ശമ്പളവും തരണില്ല ഈ ദേവസ്വം ബോർഡും എന്റെ പണിയും ഇതിപ്പോ ഈ പൂജക്കാരുടെ ഒരു ഇത് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പൂജക്കാരുടെ സമരമൊക്കെ ഉണ്ടത്ര തമാശ പറയാൻ ഞാൻ അവർക്കും ജീവിക്കണ്ടേ പൂജ ചെയ്യ നമ്മളാണ് അവർ പോസ്റ്റ് ചെയ്യുന്നത് അവർക്കും ജീവിക്കണമല്ലോ നിവൃത്തിയില്ലല്ലോ പക്ഷെ പൂജ എന്ന് പറയുന്നത് ഒരു ജോലിയായിട്ടിരിക്കുമ്പോ ഒരു ജോലിയും ഭഗവാനിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ലേ പൂജ മാത്രല്ല അപ്പൊ ഞാൻ നമ്മൾ പൂജയും മാത്രമാണല്ലോ ഭഗവത്പരമായിട്ട് കയ അതുകൊണ്ട് പറയണം ഞാൻ അപ്പൊ പൂജ എന്ന് പറയണത് ഒരു ജോലിയായിട്ടിരിക്കുമ്പോ അവരും അവരെന്ത് സമരത്തിന് മുദ്രാവാക്യം വിളിക്കുന്നു എനിക്ക് മനസ്സിലായില്ല എന്താ മുദ്രാവാക്യം വിളിക്കാൻ ചോദിക്കണം അവരോട് പൂജകൾ മുടക്കും പൂജകൾ മുടക്കും എന്ന് പറയുമോ എന്താണെന്നറിയില്ല അപ്പോ അതും പണിയായിട്ട് തീരാം ശരീര അർച്ചനകളൊക്കെ ചെയ്യുമ്പോഴും ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോഴും ഒക്കെ മനസ്സും ബുദ്ധിയും വേറെ സ്ഥലത്താണ് ബുദ്ധി കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത് ലൗക്യ ലോകമാണ് മുഖ്യമെന്ന് നിശ്ചയിച്ചിട്ട് മനസ്സുകൊണ്ട് ലോകത്തിനെ സങ്കൽപ്പിച്ചും കൊണ്ട് പൂജ ചെയ്യുമ്പോ ഭഗവാൻ അയാളെ കണ്ട് പേടിക്കും അത്ര പറച്ചുദേവൻ ചുവരോട് അലച്ചു നീരോവിലൂടെ ഗമനഞ്ചകാരാ അയാളെ കണ്ടുനെ ഭഗവാൻ അങ്ങനെ നീരോവിലൂടെ പുറത്തേക്ക് പോയത്രെ എന്താന്ന് വെച്ചാൽ മനസ്സും അവിടെയില്ല ബുദ്ധിയുമില്ല ബുദ്ധി മനസ്സ് ചഞ്ചലപ്പെട്ടാൽ പോലും സാരില്ല ബുദ്ധി കൊണ്ട് ഇതാണ് മുഖ്യം തീരുമാനിച്ചാൽ മതി ഇത് ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ബുദ്ധി കൊണ്ട് വരിക്കെങ്കിലും ചെയ്താൽ മതി മനസ്സ് നമ്മളുടെ കയ്യിലില്ലേ അപ്പോട്ടെ അതിനെ ധ്യാനിക്കാനോ അനുസന്ധാനം ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇത് ഞാൻ ഭഗവാന് വേണ്ടി ചെയ്യാണ് ഇത് ഭഗവത് ഭഗവാനു വേണ്ടിയുള്ളതാണിത് എന്ന് ബുദ്ധി കൊണ്ടെങ്കിലും ഇവൻ തീരുമാനിച്ചുവെങ്കിൽ മനസ്സ് കുറെ കഴിയുമ്പോ അതിനനുകൂലമായിട്ട് വരും അപ്പോ മനസ്സും ബുദ്ധിയും കൊണ്ടാണ് ഭഗവാനെ ആരാധിക്കാം മയ്യേവ മന ആധത്സ്വ മനസ്സിനെ ഭഗവാനിൽ സമാധാനം ചെയ്യാമെന്നാണ് സമാധി പ്രണത ആത്മനി മനസ്സഹ സമാധാനം മനസ്സ് പതുക്കെ പതുക്കെ ശാന്തമായി ഭഗവത് ധ്യാനത്തിൽ രമിക്കാം മൈ ബുദ്ധിം നിവേശയ ബുദ്ധിയെ ഭഗവാൻ തന്നെ ലക്ഷ്യം ഭഗവത് തത്വത്തിനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാം തെളിഞ്ഞറിയ നിവസിഷ്യസി മയ്യേവ് അത ഊർദ്ധം സംശയാ അതിലൊരു സംശയവും വേണ്ട അങ്ങനെ പറയുമ്പോൾ മനസ്സ് നിർത്താൻ വയ്യ മനസ്സ് നിർത്താൻ സാധിക്കണില്ലെങ്കിൽ എന്തിയും പലർക്കും അതാണ് പ്രശ്നം വരിക ബുദ്ധി കൊണ്ടൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണെന്ന് പക്ഷെ മനസ്സ് ആ യോഗസ്ഥിതിയിൽ ഒന്നും വഴങ്ങിത്തരണില്ല നിൽക്കണില്ലെങ്കിൽ എന്തിയും അതാണ് അടുത്ത ശ്ലോകം നോക്കാം അഥ ചിത്തം സമാധാത്ത ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തഥ മാം ഇച്ഛാത്തും ധനഞ്ജയാ ഭഗവാൻ അവിടെ അർജുനനെ ധനഞ്ജയാ എന്ന് വിളിക്കുക എന്നുവെച്ചാൽ ധനം ജയിക്കാൻ അറിയുന്നുവെന്നർത്ഥം രാജസൂയയാകത്തിന് വേണ്ടി എത്രയോ രാജാക്കന്മാരെ ജയിച്ച് ധാരാളം ധനം സംഭരിച്ചു കൊണ്ടുവരികയും ഹിമാലയത്തിൽ എവിടെയോ കുഴിച്ചിട്ടിരുന്ന അക്ഷവിത്തമൊക്കെ കൊണ്ടുവരികയോ ഒക്കെ ചെയ്തവരാണ് രാജസൂയത്തിന് വേണ്ടി അപ്പോഴാണ് അർജുന് ധനംജയമെന്നുള്ള പേര് കിട്ടിയത് ലോകത്തിലെ ആളുകൾ ഇപ്പോ ഒക്കെ ധനഞ്ജയന്മാരാണ് എങ്ങനെങ്കിലുമൊക്കെ ധനം ജയിക്കാൻ അവർക്കറിയാം വീട്ടിലിരുന്നു കൊണ്ട് ഇ സി ജി പോലെ എങ്ങനെ എന്താ പറയുക ഷെയർ മാർക്കറ്റ് അങ്ങനെ മേലേക്കും ചുവട്ടിലേക്കും ഇങ്ങനെ പോണതും ധനം ജയിക്കുന്ന ആളുകളുണ്ട് ധനഞ്ജയന്മാരാണ് എങ്ങനെങ്കിലുമൊക്കെ പണമുണ്ടാക്കാൻ അറിയാം അതിനൊക്കെ പണുണ്ടാക്കാൻ അവരെങ്ങനെയാ പഠിച്ച് പതുക്കെ പതുക്കെ അഭ്യാസം കൊണ്ടാണ് പതുക്കെ പതുക്കെ ഓരോ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പണുണ്ടാക്കാൻ പഠിക്കണത് അപ്പോ ലോകത്തിൽ നീ ഇങ്ങനെയൊക്കെ സാധിച്ചെടുത്തുവല്ലോ അധ്യാത്മത്തിലും അഭ്യാസം കൊണ്ട് സാധിക്കും അഭ്യാസം കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞില്ല അഭ്യാസ യോഗേന എന്നാണ് ലോകത്തിൽ അഭ്യാസമാണ് ചെയ്യണത് ഇവിടെ അഭ്യാസ യോഗമാണ് ലോകത്തിൽ അഭ്യാസഭോഗമാണെന്ന് കുറെ കഴിയുമ്പോ അഭ്യാസ രോഗമായിട്ട് മാറും പിന്നീട് അഭ്യാസദ്രോഹവുമായിട്ട് മാറും മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് അഭ്യാസായിട്ട് മാറും അഭ്യാസ യോഗം എന്ന് ഭഗവാൻ പറയാൻ കാരണം ഇവിടെ യോഗത്തിനാണ് മുഖ്യത്വം യോഗശിത്തവൃത്തി നിരോധ യോഗത്തിനാണ് ഇവിടെ എന്ത് യോഗമാണ് മനസ്സിനെ ആത്മാവിൽ സമാധാനം ചെയ്യുന്ന യോഗം അത് സാധിക്കണില്ല എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു അഭ്യാസയോഗേന മാമിച്ചാപ്തും ധനം ചെയ്യാം അഭ്യാസയോഗം കൊണ്ട് പതുക്കെ പതുക്കെ അഭ്യാസയോഗം എങ്ങനെ സാധിക്കണു എന്തെന്തു മനസ്സിനെ ഇളക്കുന്നുവോ എന്തെന്തു മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നുവോ അത്തരം വിഷയങ്ങളെ വിവേകം കൊണ്ടറിഞ്ഞ് പതുക്കെ പതുക്കെ ദൂരീകരിക്കാം ഇതാണ് അഭ്യാസയോഗം നെഗറ്റീവാണ് അവിടെ അല്ലാതെ ഒരിടത്ത് ഇരുന്നിട്ട് മനസ്സിനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന് വിടൽ മാത്രമല്ല പതുക്കെ പതുക്കെ മനസ്സെന്ന് പറഞ്ഞത് ബുദ്ധിയുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ലോകത്തിൽ ചഞ്ചലപ്പെടുന്നതാണ് നമ്മൾക്ക് എന്തെന്ത് മനസ്സിന് രാഗദ്വേഷ കാരണമാകുന്നു അതാത് വസ്തുക്കളെ കണ്ട് കണ്ട് കണ്ട് അതാത് വസ്തുക്കളിൽ ഒരു ദോഷം കണ്ട് അതിനെ ഉപേക്ഷിക്കാം എന്നിട്ട് പതുക്കെ ആ മനസ്സിനെ ആത്മവിചാരം പഠിപ്പിക്കുക ആത്മധ്യാനം ശീലിപ്പിക്കുക മനസ്സെന്ന് പറയുന്നത് എന്താ വെറും വിചാരത്തിന്റെ കൂട്ടങ്ങളാണ് ചിത്തവൃത്തികളാണ് ഈ ചിത്തവൃത്തികളൊക്കെ നമ്മൾ ബലം കൊടുത്തിട്ടാണ് നിൽക്കണത് ഈ മനസ്സ് എവിടെ ഉദിക്കണോ എവിടെ നിൽക്കണോ എവിടെ ലയിക്കണോ അവിടെ പൂർണ്ണതയുണ്ട് നിത്യമായ വസ്തുവുണ്ട് അതിനെ മറച്ചുകൊണ്ടാണ് ഈ മനസ്സിൽ ഇന്ദ്രജാലങ്ങളൊക്കെ കാണിക്കണത് മനസ്സിന്റെ വിടവിലൂടെ നോക്കാൻ പഠിക്കണം ഒരു ചിത്തവൃത്തിക്കും ഒരു ചിത്തവൃത്തിക്കും നടുവിൽ നോക്കാൻ പഠിക്കണം അവിടെ എന്ത്ണ്ട് ഒരു വിചാരം വരണു അടുത്ത വിചാരം വരണു നടുവിൽ എന്തുണ്ട് അതാണ് അഭ്യാസ യോഗം ചിത്തവൃത്തികളെ പിടിക്കലല്ല ചിത്തവൃത്തിക്കും ചിത്തവൃത്തിക്കും നടുവിലെന്തുണ്ട് കൃഷ്ണനുണ്ട് ഒരു ഭക്തൻ പറഞ്ഞു കൃഷ്ണനുണ്ട് അന്ന് പറഞ്ഞല്ലോ ഞാൻ സഭവൃത്തി ഹേ ഗോപിക സാക്ഷി കൃഷ്ണസ്വരൂപ ഓരോ ചിത്തവൃത്തിയും ഗോപികയാണത്രേ അങ്ങനെ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ കൃഷ്ണനാണ് ഓരോ ചിത്തവൃത്തികൾക്ക് നടുവിലും ഒരു നിശ്ചലതയുണ്ട് ഒരു മൗനമുണ്ട് ഇപ്പൊ ഈ വാച്ചിനെ കണ്ടു അതിനെക്കുറിച്ച് ചിന്തിച്ച് ചോട്ടിൽ വെച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിനെ തുറക്കുന്നു ഈ രണ്ട് പ്രവൃത്തികളും നടുവിൽ നിശ്ചലതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാൻ ആർക്കും സാധിക്കില്ല ചിന്തിക്കാതെ ഒരുപാട് സമയം നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മൾ ചിന്തയെ മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് ചിന്തയില്ലാത്ത ആ പൂർണ്ണ വസ്തുവിനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമുക്ക് അറിയണില്ല അത്രയും ശരിക്കും പറഞ്ഞാൽ ശതമാനം ചിന്തയും എൺപത് ശതമാനം മൗനവുമാണ് ആ ഇരുപത് ശതമാനം ചിന്ത മുപ്പത് ശതമാനം ചിന്തയായാൽ ആള് ഭ്രാന്താശുപത്രിയിലാവും അല്ലാതെ നൂറ് ശതമാനം ചിന്തിക്കാൻ ആർക്കും പറ്റില്ല വെറുതെ തോന്നുകയാണ് നമുക്ക് എങ്ങനെയാണെന്ന് മുപ്പത് ശതമാനം ചിന്തിച്ചാൽ മതി ആള് ഭ്രാന്താശുപത്രിയിലാവും ഇരുപത് ശതമാനമേ ചിന്തയുള്ളൂ ഏറ്റവും അധികം ചിന്തിക്കുന്ന ആളുകളിൽ പോലും ബാക്കിയുള്ള ഒഴിഞ്ഞു കിടക്കുന്ന ഒരു എൺപത് ശതമാന സ്ഥലമുണ്ട് നമ്മൾ എന്ത് ചെയ്യണു ആ ഒഴിവിനെ ശ്രദ്ധിക്കാതെ ഈ കഴിവിനെ ശ്രദ്ധിക്കുകയാണ് ഈ അഹന്തയെ ചിത്തവൃത്തികളെ ശ്രദ്ധിക്കുക ഈ ചിത്തവൃത്തികൾക്കൊക്കെ ഇടയിൽ ഉള്ള നിശ്ചലത അത് പൂർണ്ണമാണ് അഭ്യാസയോഗം ചെയ്യുന്ന ആൾക്ക് ചിത്തവൃത്തിയല്ല മുഖ്യം ചിത്തവൃത്തികൾക്കിടയിലുള്ള വിടവാണോ മുഖ്യം അനിശ്ചലതയാണോ മുഖ്യം നാമം ജപിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് അനേക ചിത്തവൃത്തികളായി അലയുന്ന മനസ്സ് ഒരേ നാമത്തില് രമിച്ചുകൊണ്ടേക്കും ഓരോ നാമജപത്തിനും നടുവിൽ എന്തുണ്ട് വേറൊന്നും ചിന്തിക്കണില്ല ഈ പിന്നെ എന്തുണ്ട് അവിടെ എന്തുണ്ടോ അതുണ്ട് അങ്ങനെ ക്രമേണ ക്രമേണ ക്രമേണ ആ മൗനം സ്വരൂപ മൗനം ആ സ്വരൂപ അഭ്യാസയോഗം എന്ന് പറയുന്നത് സമാധാതും നശക്നൂഷി മൈസ്ഥിരം അഭ്യാസയോഗേന് തത്തോമാം അവിടെ യോഗപഥത്തിനാണ് പ്രാമുഖ്യം അഭ്യാസയോഗം അഭ്യാസം യോഗമായിട്ട് തീരണം യോഗത്ത് ചുമ്മായിരുന്ന് പഴകുകാണുന്നു പ്രവൃത്തികളൊക്കെ നടക്കുമ്പോഴും നിവൃത്തിയിലാണ് ശ്രദ്ധ അങ്ങനെ ഇരുന്നാൽ അത് അഭ്യാസ യോഗമായിട്ട് തീരും നമ്മൾ നാമം ജപിക്കണോ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണം ഇതൊക്കെ അഭ്യാസ യോഗമാണ് ഇതൊക്കെ അഭ്യാസ യോഗമാവും എപ്പോന്ന് വെച്ചാൽ അതിന്ന് വേറൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല അപ്പൊ അഭ്യാസ ഭഗവാന്റെ നാമം ജപിക്കണം എന്തിനാ നാമം ജപിക്കണമുണ്ട് മകന് അമേരിക്കയിൽ ജോലി കിട്ടി അത് അഭ്യാസ യോഗമാവില്ല നാമം ജപിക്കുന്നതിന്റെ ഫലം നമ്മള് ആശ്രമത്ത് പോയി ദിവസം നാമം ജപിക്കണതുകൊണ്ട് എൻട്രൻസിൽ പണം കൊടുക്കാതെ കിട്ടി നമ്മുടെ നാമജപമൊക്കെ ഡെപ്പോസിറ്റിന്ന് എടുത്ത് കുറെ അവിടെ കൊടുത്തു ഭഗവാൻ ഗുരുവായിരപ്പന്റെ അടുത്തുള്ള ഭക്തി അത് മകൾക്ക് നല്ല കല്യാണം കഴിഞ്ഞു അത് അഭ്യാസാവില്ല യാതൊന്നും ഉദ്ദേശമില്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര വിഷമിച്ചാലും എത്ര കഷ്ടമുണ്ടെങ്കിലും നമ്മളുടെ ഭക്തിയും നാമസങ്കീർത്തനും ഒന്നും വേറെ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഭഗവതൈക ശരണന്മാരായിട്ട് ഭഗവത് പരന്മാരായിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അഭ്യാസ യോഗമാവും അങ്ങനെ അഭ്യാസയോഗം കൊണ്ട് എന്നെ പ്രാപിക്കാൻ ശ്രമിക്കൂ ഇച്ഛ എന്ന് ഭഗവാൻ പറഞ്ഞു ഇച്ഛിക്കൂ എന്ന് പറഞ്ഞു ഇച്ഛയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടുകയാണ് തൽക്കാലത്തേക്ക് എന്താണെന്ന് ഈ ഇച്ഛ ലോകത്തിലേക്ക് തിരിഞ്ഞാൽ കുഴപ്പമാണ് അതുകൊണ്ട് ഇച്ഛയെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചുവിടണം ഭഗവാനെ പ്രാപിക്കണം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടണം ജീവൻ മുക്തി നേടണം എന്നൊക്കെ പറയണത് ആത്യന്തികമായി നോക്കിയാൽ കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പക്ഷേ അതിനർത്ഥമില്ലെങ്കിലും ആ ഒരു ഇച്ഛയുടെ ഒരു ഫോഴ്സ് ബാക്കി ലോകത്തുള്ളതിനൊക്കെ ഇല്ലാതാക്കി തീർക്കും വേഗം മാം ഇച്ഛാപ്തും ഭഗവാൻ പറഞ്ഞ എന്നെ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കൂ ഏ അർജുന നീ ആഗ്രഹിക്കുന്നത് മുഴുവൻ എന്താ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കണല്ലേ വലിയ ആളാവണം ആഗ്രഹിക്കുന്നില്ലേ ശരി ഏറ്റവും വലിയ ആളാണ് ഈ ഭഗവാൻ ഭഗവാന്റെ അടുത്ത് പോകണമെന്ന് ആഗ്രഹിക്കാം ധനഞ്ജയനായിട്ടുള്ളവന് ഒരു ആഗ്രഹം കൊടുക്കണം അല്ലെങ്കിൽ ഇവന്റെ ആഗ്രഹമൊക്കെ പിന്നെയും പോവേ നനക്ക് ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ മഹാഭാരതത്തിൽ ഭീഷ്മർ പറഞ്ഞു ധനം ജയിച്ച് ധനം ധാരാളം സമ്പാദിച്ച് സമ്പാദിച്ചാലല്ലേ നമുക്ക് ലോകത്തിൽ സർവീസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ് ധർമ്മപുത്രൻ അപ്പൊ ഭീഷ്മർ പറയാണ് നിനക്ക് ധനം മുമ്പ് തന്നെ സമ്പാദിച്ചു വെച്ചിട്ടുള്ള ധനം അല്ലെങ്കിൽ എതിർച്ചയാ നിനക്ക് പ്രാരബ്ധവശാൽ നിന്റെ ജോലി കൊണ്ട് കിട്ടണ ധനമുണ്ടല്ലോ ആ ധനം കൊണ്ട് നീ സർവീസ് ചെയ്യ കൈങ്കര്യം ചെയ്യ അല്ലാതെ കൈങ്കര്യം ചെയ്യാൻ വേണ്ടി ധനം ഉണ്ടാക്കാൻ പോണ്ട ആരുടെ കയ്യിൽ ധനമില്ലയോ അവൻ കൊടുക്കാനും ബാധ്യസ്ഥനല്ല ഒരു ഭിക്ഷുവിന്റെ അടുത്ത് പോയി ആരെങ്കിലും ഒക്കെ ചോദിക്കോ അയാളുടെ കയ്യിലില്ല അപ്പോ അയാൾ ഇങ്ങോട് കയ്യിൽ നിന്നിട്ടും അല്ലെ അപ്പൊ ഭീഷ്മർ പറയണത് ഉദാഹരണം എന്താന്ന് പറയണതെന്ന് വെച്ചാൽ വസ്ത്രത്തിൽ ചളിയാക്കിയിട്ടൊക്കെ കഴുകിക്കളയണതിനേക്കാളും നല്ലത് ചളിയാക്കാതിരിക്കണതല്ലേ എന്നാണ് ധർമാർത്ഥം യത്യഹ വരം തസ് നിരീഹത പ്രക്ഷാളനാധിപങ്ക ദൂരാദസ്പർശനം വരം അപ്പോ ലോകത്തിൽ നീ ഒന്നും ചെയ്തു കൂട്ടാനൊന്നും ഇല്ല അപ്പോ അവിടെ എന്നെ ശുദ്ധം ചെയ്യാനാണ് നീ ഇവിടെ വന്നിരിക്കണം അതിനെ നീ യത്നിക്കുക അഭ്യാസയോഗേന തത്വമാം ഇച്ഛാപ്തും ധനം ചെയ്യാൻ സാധിക്കണില്ലെങ്കിൽ അതും പറ്റണില്ല ഭഗവാനെ അഭ്യാസയോഗമൊന്നും പറ്റണില്ല എനിക്ക് അഭ്യാസം ചെയ്യാനും സാധിക്കണില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് എന്റെ മനസ്സൊന്നും വഴങ്ങിത്തരണില്ല പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും ഭഗവാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിനക്ക് വഴിയുണ്ട് അഭ്യാസേപ്യസമർത്ഥോ മത്കർമ്മ പരമോഭവ മതർത്ഥമപിക്കർമാണി കുറുവൻ സിദ്ധിമവാപ്സീ അഭ്യാസം ചെയ്യാൻ വഴിയില്ലെങ്കിൽ സത്വശുദ്ധി യോഗജ്ഞാനപ്രാപ്തിദ്വാരണ മാം അവാപ്സീ സത്വഗുണം വളരാൻ പരിപാകപ്പെടാൻ സഹായകരമായിട്ടുള്ള പൂജയും നാമസങ്കീർത്തനവും ജപവും സത്സംഗവും മഹാപുരുഷന്മാരുടെ സമ്പർക്കവും അവർക്ക് സേവ ചെയ്ത് കൊടുക്കലും ഇതൊക്കെ സ്പെഷ്യലായിട്ട് ചില കർമ്മങ്ങൾ അത് ചെയ്യാനാണ് ചിലർക്ക് ചെയ്യാതിരിക്കുന്നതാണ് എളുപ്പമായിട്ടുള്ളത് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് എളുപ്പമായിട്ടുള്ളത് വാസ്തവത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും പവർഫുൾ വെച്ചാൽ നമ്മൾ നാമം ജപിച്ചുവോ നമസ്കാരം ചെയ്തു പൂജ ചെയ്തുവോ എന്നുള്ളതിനേക്കാളും ബലം നമ്മൾ കള്ളം പറയാതിരിക്കണമോ കക്കാതിരിക്കണമോ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണോ കാമക്രോധങ്ങൾക്ക് വശമ വശമതരാവാതിരിക്കണോ എന്നുള്ളതാണ് പ്രധാനം ചെയ്യാതിരിക്കണതിന് എത്ര കണ്ട് പവറുണ്ടോ അതിന് ചെയ്യണമില്ല പക്ഷേ ചിലരെ ഇതിൽ രക്ഷിക്കണമെങ്കിൽ ഈ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവരെ നിരന്തരം എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കണം അവർ നിഷിദ്ധ കർമ്മങ്ങളിൽ പോയി പെടാതിരിക്കണമെങ്കിൽ വിഹിത കർമ്മങ്ങൾ അവർക്ക് കൊടുക്കണം ആ വിഹിത മഹാത്മാക്കളെ അവസാനം കണ്ടു മനുഷ്യനെ ദൗർബല്യത്തിന് രക്ഷിക്കാൻ ഇതേ വഴിയുള്ളൂ അതുകൊണ്ടാണ് ഈ അഖണ്ഡ നാമസങ്കീർത്തനമൊക്കെ വെച്ചിരിക്കണത് ഇങ്ങനെ ആ തമ്പുരാവും എടുത്ത നാമസങ്കീർത്തനം ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഈ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഒരു മണിക്കൂറെങ്കിൽ ഒരു മണിക്കൂർ ആ വിളക്കിന് ചുറ്റും പ്രദക്ഷിണൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സങ്കീർത്തനം ചെയ്തുകൊണ്ടും പ്രദക്ഷണം ചെയ്തുകൊണ്ടും ജപിച്ചുകൊണ്ടും ഒക്കെ ഇരുന്നാൾ ചിലവരൊക്കെ ചോദിക്കും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയും ചോദിക്കും അപ്പൊ എന്താ ഉത്തരം വരേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യണത് കൊണ്ട് എനിക്കൊന്നും കിട്ടണില്ല പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും അതിനെ പേടിച്ചുകൊണ്ടാണ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സങ്കീർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് എന്ത് കാര്യം അമ്പലത്തിൽ പോയി കാര്യമൊന്നുമില്ല അപ്പു പക്ഷെ പോയിട്ടില്ലെങ്കിൽ കാര്യവും കാരണവും ഒക്കെ വരും പിന്നാലെ അതെ അവിടെ പോണതുകൊണ്ട് അവിടെ സങ്കീർത്തനം ചെയ്യുന്നു എന്തോ സത്വഗുണത്തിന് കേടുവരാതെ പ്രദക്ഷിണമോ നമ്മൾ ആർക്കും ഉപദ്രവമൊന്നും ചെയ്തില്ലല്ലോ എന്തോ നാമസങ്കീർത്തനം ചെയ്യുന്നു പ്രദക്ഷിണം ചെയ്യുന്നു നമസ്കാരം ചെയ്യുന്നു ആ സമയത്ത് കർമ്മബന്ധം വന്നുകൂടാതെയും നിഷിദ്ധ കർമ്മത്തിൽ വീണുപോവാതെയും കാമക്രോധങ്ങളെ ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കർമ്മത്തിൽ പെട്ടുപോവാതെയും അല്ലെങ്കിൽ അവിടെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പോണു ആ മഹിഷാസുരനെ ഓൺ ചെയ്തിട്ട് അതിന് മുമ്പിലിരിക്കും അതെല്ലാം ഇത് ചെയ്യാൻ പോണത് നമ്മള് വേറൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അപ്പോ അമ്പലത്തിൽ പോവുക പ്രദക്ഷിണം ചെയ്യുക നമസ്കരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതിന് എന്താ പണി ഒന്നുമില്ല ഒരു പ്രയോജനം നാരായണത്ത് പ്രാന്തം കല്ലുരുട്ടി മുകളിൽ കൊണ്ടുപോയി വൈകുന്നേരമാകുമ്പോൾ ചോട്ടിലേക്ക് തള്ളിവിടുന്ന പോലെ തന്നെ എന്ന് വെച്ചോളൂ സിദ്ധിമവാപ്സി വാൽമീകി ഞാൻ എന്ത് ചെയ്യണം രാമാ രാമാ ജപിക്കുന്നു വായിൽ വരണില്ല മരമരാന് മരമരാന്നും ജവിച്ചോളൂ അവിടെ ഇരുന്നോള എന്താന്ന് വെച്ചാൽ ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയുണ്ട് നീ ഇപ്പം തന്റെ മാർഗമൊന്നും കാര്യമില്ല നീ വട്ടത്തിൽ വട്ടത്തിൽ വന്നാലും കാര്യം നടക്കും നീ എന്തൊക്കെ ചെയ്താലും നടക്കും എന്തോ ചെയ്തോളൂ മതർത്ഥം ഓഫി കർമ്മമാണ് ഈ നിഷിദ്ധ കർമ്മത്തിൽ കുടുങ്ങാതിരിക്കുക അതാണ് സീക്രട്ട് കാമ്യകർമ്മത്തിൽ നിന്നും നിഷിദ്ധകർമ്മത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിഹിതകർമ്മങ്ങൾ അപ്പൊ ഈ വിഹിതകർമ്മം എന്തോ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മള് മനസ്സ് പലതും പറയും നമ്മളെ ദുസ്സംഗ മറ്റാളുകൾ പലതും പറയും നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് പലതും മെഡിറ്റേഷൻ ചെയ്യണം വെറുതെ ഇവിടെ അങ്ങനെ ചുറ്റിയിട്ടൊന്നും കാര്യമില്ല ഞങ്ങളൊരു യോഗാ ക്ലാസ് എടുക്കുന്നുണ്ട് അങ്ങോട്ട് വരുമെന്ന് പറയും അതൊന്നും വേണ്ടപ്പാ നമുക്ക് യാതോ ഇടയ്ക്കിടയ്ക്ക് പറയണം നമ്മൾ നാമം ജപിക്കാനൊക്കെ പുറപ്പെടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ വലുതൊക്കെ ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ പറഞ്ഞോളാം എനിക്കൊന്നും വേണ്ട യാതൊന്നും വേണ്ട എനിക്ക് എനിക്ക് മോക്ഷവും വേണ്ട എനിക്ക് പുനർജന്മവും രക്ഷപ്പെടേണ്ട യാതൊന്നും വേണ്ട മോക്ഷസയാകാംക്ഷ വിഭവവാഞ്ചാപി ചനമേ ന വിജ്ഞാനാപേക്ഷ ശശിമുഖി സുഖേച്ഛാ പുനഃ അതസ്വാം സംയാചെ ജനനി ജനനം യാമ വൈ മൃഡാണി രുദ്രാണി ശിവശിവ ഭവാനീതി ജപത ഇനി ജനിക്കുക മരിക്കേ എന്ത് വേണേ ചെയ്തോട്ടെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കാം ഞാൻ ഇതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ കഴിയുമ്പോ മനസ്സിന് ശരീരത്തിന്റെ മേലെയുള്ള സ്വാധീനം പോകും ഇതിപ്പോ നാമസങ്കീർത്തനം മാത്രല്ല പറയണത് അവരവര് എന്തെന്ത് അവരവരുടെ സാധനവും ആ സാധനവും ഒക്കെ ഈ അറിവോടുകൂടെ വേണം ചെയ്യാൻ നാമസങ്കീർത്തനം ഇവിടെ നാമസങ്കീർത്തനായതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു അല്ലാതെ ഇപ്പൊ ഇതിനെ വിട്ടിട്ട് വേറെ ഒരു മാർഗത്തിൽ പോണെന്ന് ടെംപ്റ്റഡ് ആവാൻ പാടില്ല എന്നർത്ഥം വേറെ എന്തെങ്കിലുമൊക്കെ മാർഗ്ഗമാണെങ്കിൽ ആ മാർഗം പൂജ ചെയ്യുന്നവരാണെങ്കിൽ പൂജ ചെയ്യുന്നത് യോഗാസനം ചെയ്യുന്നവരാണെങ്കിൽ യോഗാസനം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അത് തുടർന്ന് ചെയ്യണമെങ്കിൽ ഈ അറിവ് പുറകിൽ വേണം നമ്മൾ അതിലും ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യണതെങ്കിൽ ആറു മാസമായി മെഡിറ്റേഷൻ ചെയ്യണോ ഒന്നും കിട്ടണില്ല ആറു മാസമായി ഞാൻ ജപം ചെയ്യണം ഒന്നും നടക്കണില്ല ഒന്നും നടക്കാനല്ല പൈ ചെയ്യണത് ഇത്ര കാലം നടന്നു നടന്നിട്ടാണ് ഇത്ര ദൂരത്തിൽ വന്നിരിക്കുന്നത് ഇനിയെങ്കിലും ഇപ്പൊ നടക്കണത് നിർത്താം നിർത്താനുള്ള വഴിയാണത് എന്താ സാധന എന്ന് വെച്ചാൽ ഒന്നും നേടിയെടുക്കാനല്ല കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണത് അതുകൊണ്ട് അത് പുതിയതായിട്ടൊന്നും കിട്ടാനല്ല എന്തോ ചെയ്തുകൊണ്ടിരിക്കുക അജപമോ ധ്യാനമോ എന്തോ തുടർന്ന് തുടർന്ന് തുടർന്ന് തുടർന്ന് അതേപോലെ ചെയ്തുകൊണ്ടിരിക്കണം പുതിയതൊന്നും ഉള്ളിൽ കടക്കാൻ വിടുന്നില്ല അത് ചെയ്യുമ്പോൾ തുടർന്ന് ചെയ്യണമെങ്കിൽ ഒരു അറിവ് ഉള്ളിൽ വേണം എനിക്കിതൊന്നൊന്നും വേണ്ട യാതൊന്നും ഞാൻ ആഗ്രഹിക്കില്ല ഒരു ഫലവും എനിക്ക് വേണ്ട കാമ്യകർമ്മത്തിനെ ആദ്യം അഴിച്ചുവിടണം നിഷിദ്ധകർമ്മത്തിൽ പെട്ടുപോവാതെ സൂക്ഷിക്കണം ഈ വിഹിതകർമ്മത്തിന് ഫലേച്ചയില്ലാതെ ചെയ്തുകൊണ്ടേയിരുന്നാൽ മനസ്സിന് ശരീരത്തിന്റെ മേലുള്ള സ്വാധീനം പോകും അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് അപ്പോ ഉള്ളിലൊരു ശീതളത ഒരു കുളിർമ്മ എവിടുന്നു എന്നറിയും മനസ്സ് നാടി നരമ്പുകളിലൊക്കെ അതിന്റെ സ്വാധീനമാണേ അത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും അതെ ടി വി കാണണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കാണും ദേഷ്യപ്പെടണം എന്നത് പറഞ്ഞാൽ ആ സമയത്ത് ദേഷ്യപ്പെടും ഇതിനൊക്കെ മനസ്സ് പറയണ പോലെയാണ് ചിലരെ ഓരോ സമയത്തിൽ ദേഷ്യപ്പെടുക എന്നൊക്കെ ഉണ്ട് അവർക്ക് നേരം വെളിച്ചായ ഒരു പത്ത് മണി വരെ വെറുതെ നിലവിളിക്കും എന്തിനാ നിലവിളിക്കുക അവർക്കും അറിയില്ല അത് കഴിഞ്ഞ വളരെ ശാന്തമായിട്ട് എന്തൊക്കെ പറഞ്ഞാലും പിന്നൊന്നും അവർക്കൊന്നും പ്രശ്നം ആ പത്ത് മണി വരെ എന്തിനു നിലവിളിച്ചോ അറിയില്ല മനസ്സ് പറഞ്ഞതാണ് നിലവിളിക്കാനേ ഒരു കാരണവുമില്ല നിലവിളിച്ചു വെളിച്ചപാട് ഇളകുന്ന പോലെ നേരം ഇത് ഒരുപാട് വീട്ടില് ഉണ്ട് ആളുകളൊക്കെ ചിരിക്കണത് അവരവരുടെ വീട്ടിൽ ഉദാഹരണം ഇത് അതുകൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവണത് വെറുതെങ്കിലും ദേഷ്യപ്പെടുക അല്ലെങ്കിൽ വെറുതെ അതെന്തു പറഞ്ഞ അപ്പൊ ഈ മനസ്സിനെ നമ്മളുടെ മേലെ സ്വാധീനം നാടികളിലും നരമ്പുകളിലും ഒക്കെ മനസ്സിന്റെ സ്വാധീനമാണ് ആ സ്വാധീനത്തിനെ ഇല്ലാതാക്കാനാണ് ഈ വിഹിത കർമാനുഷ്ഠാനന്തരണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം അമ്പലത്തിൽ പോയി ഇപ്പൊ പത്മനാഭസ്വാമി ഗോവിലെ ഒരു പത്ത് പ്രദക്ഷിണം വെച്ചാൽ നേരം രാവിലത്തെ കാര്യം മുഴുവൻ കഴിയും എന്തോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോ എന്താവും മനസ്സിന് മനസ്സ് ഞാൻ പറയുന്നതൊന്നും ഇയാൾ കേൾക്കണില്ല എന്ന് മനസ്സ് മനസ്സിലാക്കും അത് പതുക്കെ പതുക്കെ പതുക്കെ അതിന്റെ പിടിയായി നമ്മളുടെ മേലെ അങ്ങനെയാവുമ്പോ മതർത്ഥമപി കർമാണിക്കുറുവന് സിദ്ധിമവാപ്സ്യ നി സിദ്ധനായിട്ട് തീരുമെന്നാണ് എന്താ സിദ്ധി മനസ്സിനെ മനസ്സിന്റെ അതിര് കടക്കലാണ് സിദ്ധി അല്ലാതെ മനസ്സിന് എന്തിനെങ്കിലുമൊക്കെ പ്രയോഗിക്കലല്ല മനസ്സിന് നമ്മളുടെ മേലുള്ള സ്വാധീനമില്ലാതാവുമ്പോ നമ്മൾ സിദ്ധരാവും ശാന്തനാവും നമ്മൾ സ്വതന്ത്രരാകും ഇനിയിപ്പോ സ്പെഷ്യലായിട്ടുള്ള വിഹിത കർമ്മങ്ങൾ മാത്രമല്ല നമ്മളുടെ സ്വധർമ്മമായിട്ടുള്ള കർമ്മം ഉണ്ടല്ലോ എന്താന്ന് വെച്ചാൽ അത് അതിനെയും ഭഗവാന് വേണ്ടി എന്ന് തീരുമാനിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ശമ്പളം കൂട്ടിയാലും ശരി കുറച്ചാലും ശരി അവിടെ എന്തൊക്കെ നടന്നാലും ശരി ആളുകൾ നമ്മളെ ചീത്ത വിളിച്ചാലും ശരി ഈ പണി എന്തിനും എനിക്ക് വേണ്ടിയൊന്നുമല്ല എന്നെ കൃഷ്ണൻ എവിടെ വെച്ചിരിക്കണം ചെയ്യിപ്പിക്കണം ഞാൻ ചെയ്തു പിരിച്ചുവിട്ട അവർ അതും ഭഗവാന്റെ ഇച്ഛ എന്താ കർമ്മത്തിലാണ് ഭഗവാൻ നമ്മുടെ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഭഗവാൻ ഇപ്പൊ വെച്ചിരിക്കണം പൂച്ചക്കുട്ടിയെ കള്ളപ്പൂച്ച എവിടെ കൊണ്ടുവയ്ക്കണോ അവിടെ ഇരുന്ന് കരയണ പോലെ നമ്മള് നമ്മളെ ഭഗവാൻ എവിടെ വെച്ചിരിക്കണോ അവിടെ ആ പണി ചെയ്യാം മദർത്ഥമ പി കർമാണി കുറുവൻ ആ കർമ്മം നമ്മൾക്ക് സാധാരണ എന്താ വയറ്റപ്പഴപ്പിന് വേണ്ടി ചെയ്യാണേ എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാണ് എന്നൊക്കെ ധരിക്കുമ്പോ ചിലപ്പോഴൊക്കെ ശരിക്ക് വയറ്റപ്പഴപ്പ എന്നുള്ളത് പോലും ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ കർമ്മം ശുദ്ധമാവും ഞാൻ അത് ഇത് കണ്ടിട്ടുണ്ട് ശരിക്കും ശരീര നിർവഹണത്തിന് വേണ്ടി പണി ചെയ്യുന്ന ആള് പെട്ടെന്ന് കർമ്മയോഗിയായിട്ട് തീരും ഇതൊരു ഒരു വിധത്തിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാകും ശരീര നിർവഹണത്തിന് വേണ്ടി പണി ചെയ്യണ ആളുകൾ നമ്മളിപ്പോ വലിയ ഓഫീസർ ഇതൊക്കെ ആവുമ്പോ നമ്മൾക്ക് അഹങ്കാരമൊക്കെ വരും ഒരു നിവൃത്തിയില്ലാതെ ഊണിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയും പണിയെടുക്കണ ഒരു പാവം കണ്ടാക്കണം അവർ ആരുചിത്തോറിഞ്ഞാൽ അവർ കേട്ടോളൂ അവരെന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു കാര്യമുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കഴിഞ്ഞു കൂടാൻ അതിനുവേണ്ടി പണിയും എന്ന് പറഞ്ഞാൽ അവർക്ക് അഹങ്കാരമൊന്നുമില്ല ഒരു വിധത്തിൽ നമ്മളുടെ കർമ്മങ്ങൾക്ക് പുറയിൽ ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ ഭഗവാൻ നമ്മളുടെ ശരീര നിർവഹണത്തിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കണമെന്ന് ധരിച്ചാൽ പോലും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ വലിയ പണിയൊക്കെ ആണെങ്കിൽ ഈ ഭഗവത് ഇച്ഛയാണ് ഞാനിവിടെ പണി ചെയ്യണത് ഈ പണി ഭഗവാൻ വേണ്ടി ചെയ്യുന്നു ഭഗവാൻ ചെയ്യിപ്പിക്കണോ ഞാൻ ചെയ്യുന്നു എന്ന് ധരിച്ചാലും എങ്ങനെയോ യോഗം വരണം ഏത് ഭാവം സ്വീകരിച്ചാൽ യോഗം വരുമോ എന്ന് അന്ന് ആ ഭാവം സ്വീകരിച്ച് കർമ്മത്തിനെ ാധിക്കാതെ ചെയ്യണം ആ കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലം ജീവിക്കാനും ഉണ്ണാനും ഉറങ്ങാനും വേണ്ടതൊക്കെ എടുക്കാം ഭാഗവതത്തിൽ നാരദൻ സപ്തമ സ്കന്ധത്തിൽ പറഞ്ഞു യാവതർത്ഥം എന്താണ് ജഠ ജഠര പൂർത്തിക്ക് എത്ര കണ്ട് വേണോ അത്ര കണ്ട് എന്നാണ് അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമറിയാത്ത അതിൽ കൂടുതൽ അഭിമാനിക്കാൻ പാടില്ല അങ്ങനെ വ്യവഹാരം അവനും സിദ്ധനായിട്ട് തീരും മതർത്ഥമപി കർമാണി കുറുവന്ന് സിദ്ധിം ഇങ്ങനെ ഭഗവാൻ അഭ്യാസയോഗത്തിലൂടെ ഭഗവത് പ്രാപ്തിക്കുള്ള മാർഗങ്ങൾ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ആദ്യം ഭഗവാൻ പറഞ്ഞു എനിക്ക് ശരണാഗതി ചെയ്താൽ ഞാൻ സമുദ്ധരിക്കുമെന്ന് പറഞ്ഞു മനസ്സിനെയും ബുദ്ധിയൊക്കെ എനിൽ വയ്ക്കൂ എന്ന് പറഞ്ഞു അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അഭ്യാസയോഗം ചെയ്യൂ അഭ്യാസവും കഴിയില്ലെങ്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കർമ്മം ചെയ്യൂ ഇനിയിപ്പൊ അതും സാധിക്കില്ലെങ്കിൽ കർമ്മം ചെയ്ത ശേഷം ഫലത്തിന് എനിക്ക് അർപ്പണം ചെയ്യൂ അടുത്ത ശ്ലോക അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കൂ അഥൈതപ്യശക്തോസി കർത്തും മദ്യോഗമാശ്രിതാം സർവകർമ്മഫലത്യാഗം ത്മവാനം കർമ്മമൊക്കെ ചെയ്തിട്ട് കുറെ കിട്ടുമല്ലോ ഫലം അതിനെ ഭഗവത് അർപ്പണം ചെയ്യാം ആ ഫലത്തിലാണ് ഈ അഹങ്കാരം ജീവിക്കണത് ആ അഹങ്കാരത്തിന് ഇല്ലാതാക്കാൻ ഒരു വഴി എന്താ ആ കിട്ടിയ ഫലത്തിനെ ഭഗവത്പരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടോ എന്തിനോ അല്പം പോലും അഹന്തയില്ലാതെ അതിനെ യജിക്കുന്നത് ഒരു യജ്ഞമാണ് അല്പം പോലും അഹന്ത ഇല്ലാതെ പേപ്പറിൽ ഫോട്ടോ വരാൻ വേണ്ടിട്ടോ അല്ലെങ്കില് ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ല അമ്പലത്തില് അവിടെ കണ്ടുപോ ശ്രീകോവില് നമ്മള് കൊടുത്ത എന്താ വാതിലോ അല്ലല്ല പിന്നെന്താ അവിടെ ആ ട്യൂബ് ലൈറ്റ് അത്